അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവെ എനിക്ക് നീ പുറത്തു തരണമേ എനിക്ക് ശേഷം മറ്റാർക്കും ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു രാജ്യം എനിക്ക് നീ നൽകണമേ തീർച്ചയായും നീയാണ് മഹാദാനശീലൻ